അതോ കരയിലെയും കടലിലെയും ഇരുട്ടുകളിൽ നിങ്ങൾക്ക് മാർഗദർശനം നൽകുകയും തന്റെ കാരുണ്യത്തിനു മുന്നോടിയായി സന്തോഷവാർത്തയായി കാറ്റുകളെ അയക്കുകയും ചെയ്തവനാണോ അല്ലാഹു സുബാനുഹൂവറ്റ ആലയോടൊപ്പം വേറെ ദൈവമുണ്ടോ അവർ പങ്കു എത്രയോ ഉന്നതനാണ് അള്ളാഹു സുബാനഹൂവറ്റ ആല